ൾ അല്ലാഹുവിനെ സുബഹാനുഹൂവറ്റായല ആരാധിക്കുക അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കരുത് മാതാപിതാക്കളോടും ബന്ധുക്കളോടും അനാഥകളോടും ദരിദ്രരോടും അടുത്ത ബന്ധമുള്ള അയൽവാസിയോടും അകന്ന അയൽവാസിയോടും കൂടെയുള്ള കൂട്ടുകാരനോടും വഴിപോക്കരോടും നിങ്ങളുടെ അധീനതയിലുള്ള അടിമകളോടും നിങ്ങൾ സൽക്കരിക്കുക അഹങ്കാരിയും പൊങ്ങച്ചക്കാരനുമായ ഒരാളെ അല്ലാഹു സുബഹാനുഹൂവറ്റായല ഇഷ്ടപ്പെടുന്നില്ല